നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ സത്യനിഷേഹികൾ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ അള്ളാഹു സുബഹാനുഹൂവത്തെ അയാല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടുപേരിൽ രണ്ടാമത്തെയളായിരുന്നപ്പോൾ അവർ ഗുഹയിലായിരുന്നപ്പോൾ അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു നീ ദുഃഖിക്കണ്ട തീർച്ചയായും അള്ളാഹുസുബാനുഹൂവത്തെ അയല നമ്മോടൊപ്പമുണ്ട് അങ്ങനെ അള്ളാഹുസുബാനഹൂവത്തയാല തന്റെ ശാന്തി അദ്ദേഹത്തിന് നൽകുകയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു സത്യനിഷേഹികളുടെ വാക്കിനെ അവൻ താഴ്ത്തി আল্লাহ সুবহানাহু ওয়া তাআলার ওয়া কাণ উন্নদম আল্লাহ সুবহানাহু ওয়া তাআলা প্রদাভাসালিয়ামYuktimanuma